രണ്ട് നാൽപ്പത്തഞ്ച് ത്രൈമുല്യ വിഷയവേദ എസ് ഐറ്റിന് നിയോഗമാണ് നിയോഗക്ഷേമ അത് ത്രൈമൂല്യ വിഷയവേദ മൂന്ന് തരത്തിലുള്ള അധികാരികളെ അഭിസംബോധന ചെയ്യും സപ്തം രജോസഫ് തോമസ് മൂന്ന് തരത്തിലുള്ള ആൾക്കാർ ഓരോന്നിന്റെ ആധിക്യത്തെ കുറിച്ച് മൂന്ന് വോട്ടർക്ക് വേണ്ടിയിട്ട് മൂന്ന് വോട്ടറുടെയും ഹിതത്തെ അപ്പൊ അത് പറഞ്ഞ ആശ്രമ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ടിട്ട് ചിന്തിക്കാം ചിന്തിച്ചാൽ മനസ്സിലാവുന്നത് അവർ രജസം തമസ്സുമുള്ള അവർ അവരെയും വേദം പരിഗണിക്കും പറഞ്ഞില്ലെങ്കിൽ എന്താണ് അവരെ സ്ത്രീ സ്ഥലിക്കുന്നതെന്ന് അറിയാതെ അവര് അവർക്ക് ആവശ്യമില്ലാത്ത പ്രവൃത്തികളൊക്കെ ചെയ്തു ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടമുണ്ട് അപ്പോ സത്വ ഗുണമുള്ളവർ മാത്രം വേദം പഠിപ്പിച്ച പോലെ ഉപയോഗിച്ചാൽ വേദം സത്വം രജിസ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് എന്തുകൊണ്ട് ഈ ചാത വർഗിലേക്ക് വരുന്നത് സത്വൻ രജസ് തമസ് എന്ന് പറയുന്ന ഗുണമുള്ള മനുഷ്യനാണ് അർജുനനോട് പറയുന്ന എന്താണ് ഇങ്ങനെയാണെങ്കിലും നീ നിസ്ത്രയോ ഭവ നിത്യസപ്ത രണ്ടു കാര്യങ്ങൾ എന്ന് പറയുന്നത് നീ നിസ്ത്രയാണ് പിന്നെ പറയുന്നു നിത്യസത്വസ്ഥനുമാണ് ഇത് രണ്ടും പരസ്പര വിരുദ്ധമാണ് ശരി നിസ്ത്രുഗുണ്യ നർഗത നിസ്ത്രുണങ്ങളെ അതിക്രമിച്ചവനാണ് നിസ്ത്രുണ്യ അതിന്റെ അർത്ഥം ശരിക്കുള്ള അർത്ഥം വച്ചാർത്ഥം അതാണ് പക്ഷെ ഈ സന്ദർഭത്തിൽ അങ്ങനെ ഒരർത്ഥം കൊടുക്കാൻ പറ്റത്തില്ല എന്നാണ് രാമാനുചാര്യം പിന്നെ എന്തർത്ഥം കൊടുക്കണം നീ സത്വഗുണമുള്ളവനാണ് ആ ഗുണത്തെ നീ വർദ്ധിപ്പിക്കുന്ന ഒരർത്ഥം എടുക്കണം ഇതാണ് രാമാനുചാര്യ ഇതില് ഈ ഇതിലൊരു പ്രശ്നമുണ്ടെന്നുള്ളതായിരിക്കും സങ്കരാചാരത്തെ മനസ്സിലാക്കി നിസ്ത്രുണ്യം എന്ന് പറഞ്ഞാൽ ഗുണാധീനം എന്നും നിത്യസത്വസ്ഥൻ എന്നുവെച്ചാൽ സത്വഗുണത്തിൽ തന്നെ നീ മുമ്പോട്ട് പോകണമെന്നും ഇതങ്ങനെ ചെയ്യാം മൂന്ന് ഗുണങ്ങൾക്ക് അപ്പുറം പോകുന്നവരാകും പിന്നെ സത്വഗുണത്തെ തുടരേണ്ട ആവശ്യം രണ്ടു ഗുണം അതുകൊണ്ട് നിസ്ത്രയ എന്ന് പറയുന്നതിന് ഗുണാധീനം എന്നർത്ഥം ആ ഭാഗമേ സങ്കരാചാര ഷോർട്ട് കട്ട് എടുത്ത് കാമനങ്ങളൊന്നും ഇല്ലാതെ അതാണ് ഇവിടെ എന്റെ താല്പര്യം എന്തായാലും അർത്ഥം മാറ്റി രണ്ടായ പേരായി രാമാനുചാര്യങ്ങനെയല്ല നേരിട്ടത് വ്യാഖ്യാനിച്ചു സ്ത്രീ യൂണിയൻ എന്ന് പറഞ്ഞാൽ സത്വഗുണത്തെ അത് സത്വപ്രചരഹത്വം തദയവതയം ഇപ്പൊ തന്നെ സത്വാധികമുള്ളവനാണ് ഞാനെ വർദ്ധിപ്പിക്കുക അത് തദവ വർദ്ധയ വ്യാഖ്യാത എന്ന് പറയുന്നത് അത് സിദ്ധം സത്വോക്താചുതിയും പരിത്തിരിച്ച് വഹിക്കുക അകർമ്മ വിശിഷ്ട എൻ്റെ അർത്ഥം ഒന്നാണ് സിദ്ധം സത്വപ്രാചുര്യം നിനക്കിപ്പോ എന്താണ് ഉള്ളത് സത്വാധിക്യമാണ് ഈ സത്വാധിജ്യമോട് തോന്നുന്നു സംശയിക്കേണ്ട ജന്മം കൊണ്ട് തന്നെ കിട്ടിയതാണ് ജന്മം കൊണ്ട് തന്നെ നിലവിൽ സത്വപ്രാചുര്യമാണ് അത് സിദ്ധം അതിനുപേക്ഷിച്ചിട്ട് കരുത്തേജ്യ വിഹിത അകരണ നിഷിദ്ധകരണ ചെയ്യേണ്ടത് ചെയ്യാതിരുന്ന് ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു കഴിഞ്ഞ ദോഷം നമുക്കെല്ലാം വരും ദോഷം ചെയ്യേണ്ട ഒന്നും ചെയ്യാ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യും ചെയ്യേണ്ടത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അല്ലിസ് ഉറപ്പിക്കും പിന്നെ ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു കഴിഞ്ഞാൽ തമസം ഉറപ്പിക്കും ഇത് രണ്ടും പോ സത്വ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നീ ഇപ്പൊ ചെയ്യേണ്ടതെന്നാണ് യുദ്ധം ആ ചെയ്യേണ്ട യുദ്ധം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിനക്ക് രജസ് വർദ്ധിക്കുന്നു നീ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ രജസവും അങ്ങനെ ചെയ്യേണ്ട പ്രവൃത്തി യുദ്ധം ചെയ്യാതിരുന്ന രജസവും എന്തെങ്കിലും ആശയം തോന്നണ്ട ഗതാപ്രഭാഷകർക്ക് എന്തെങ്കിലും തോന്നണ്ട ചെയ്യേണ്ട കർമ്മം അതിപ്പോ അർജുനെ സംബന്ധിച്ച് യുദ്ധമാണ് സ്പഷ്ടം അത് ചെയ്യാതിരുന്നാൽ രജസവോ എങ്ങനെയാണ് നമ്മൾ സാറിന്റെ പ്രവൃത്തി ചെയ്യുമ്പോഴേസ് കൊടുങ്ങും പ്രവൃത്തി ചെയ്യാതി ആ എന്നാണ് നമ്മൾ വാടി ചെയ്യുന്നത് എന്നാ അർജുനെ സംബന്ധിച്ച് അങ്ങനെ എന്നുവെച്ചാൽ അർജുനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അബദ്ധമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഗീത നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന എല്ലാം തലതിരിഞ്ഞാണ് അതുകൊണ്ടാണ് ഇങ്ങനെ മാനുജാചാര്യെന്ന് പറയുന്നത് കർമ്മം ചെയ്യണം കർമ്മം ചെയ്യുമ്പോ ചെയ്യണം കർമ്മയോഗമായിട്ട് ചെയ്യും കർമ്മം കർമ്മയോഗമായി ചെയ്തു എന്താണ് കർമ്മയോഗമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നു കൊണ്ട് നിന്റെ സത്വമുണ്ട് രജസ രുണ്ട് കർമ്മം ചെയ്യുന്നതിന് രജസമുണ്ട് സത്വമുണ്ടെന്ന് വെച്ചാൽ രജസില്ലെന്നല്ല സത്വമുണ്ടെങ്കിൽ കർമ്മയോഗം ചെയ്യാം രജസ് ഉണ്ടെങ്കിലേ കർമ്മം ചെയ്യാൻ പറ്റും രണ്ടും അർജുനങ്ങളുണ്ട് രജസ്സുള്ളതുകൊണ്ട് കർമ്മം ചെയ്യും സത്വമുള്ളതുകൊണ്ട് കർമ്മയോഗമാവുക അങ്ങനെ ചെയ്യുമ്പോൾ രജസ് കൊടുക്കുന്നു അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തുവരും ഉള്ള രജസ് അതിനു പിന്നെ എന്ത് ചെയ്യും അതാണ് എന്ന് പറയുന്നത് നിഷിദ്ധ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യും ചെയ്യാൻ പാടില്ലാത്ത സന്യാസം അത് ചെയ്യും അത് ചെയ്യാൻ പാടി അത് ചെയ്യാൻ പാടില്ലാത്ത സന്യസിച്ച് കഴിഞ്ഞ അവസാനത്തിൽ പറയുന്നതാണെങ്കിൽ ഇതാണ് ഗീതയുടെ സന്ദേശം ഗീതയുടെ സന്ദേശം ഇതാണ് സന്യസിക്കരുത് അപ്പൊ ഗീത ശരിക്കും മനസ്സിലാക്കി ഒരുത്തും സന്യസിക്കത്തില്ല അപ്പൊ ചോദിക്കൂ ഞാൻ പിന്നെ അങ്ങനെ സഞ്ചരിച്ചത് ഞാൻ സഞ്ചരിച്ചാ ഗീത പഠിക്കുന്നതിന് മുമ്പാണ് പഠിക്കാൻ വേണ്ടി സഞ്ചസിച്ചു നിങ്ങളൊക്കെ ഗീത പഠിച്ചിട്ട് തന്നെ വിശ അതൊക്കെ മനസ്സിലാകാം അപ്പോ അർജുനെന്ത് അർജുനോട് പറയുന്നു നിഷിദ്ധ കരമാണ് ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത് തമസമാണ് അതാണ് പ്രശ്നം നിഷ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും രഹസ്യം നേരത്തെ തന്നെ ഉണ്ടല്ലോ അതെന്തായാലും അവിടെ ഇരിക്കും അത് കുറയാൻ വഴിയൊന്നുമില്ല പിന്നെ കൂടുതലായിട്ട് വരുന്നത് തമസാണ് സന്യാസം വെച്ചാൽ പിന്നെ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അവിടെ രജസിനെ നശിപ്പിക്കാൻ ഒരു വഴിയും കാണുന്നില്ല കാരണം കർമ്മയോഗം ഉണ്ടെങ്കിൽ രജസം നശിപ്പിക്കില്ല തമസനുള്ള വഴികളെല്ലാം ഉണ്ട് തമസിനോട് ഒപ്പം ചേരുന്ന രജസാണ് അതുപോലെ അവളെ രജസ് വൃത്തിക്കും കാരണം രജസഭ സ്ഥിതിക്കാണ് കൂടെ പറയുന്ന കർമ്മയോഗം അത് കർമ്മം ചെയ്താലേ സാധ്യമാണ് കർമ്മം ചെയ്യാതെ കർമ്മയോഗം സാധ്യമാകത്തി സന്യാസം എന്നൊരു പരിഹാരം അത് വളരെ ആഴത്ത് ചിന്തിച്ചിട്ടാണ് ഒറ്റവരിലെ ദേഹം എഴുതിയിൽ പേരി വെച്ചിട്ട് നിസ്ത്രൈമേ ഗുണത്രയ സാധാരണ പറയുന്നത് നിസ്ത്രൈമന്യോ ഭവ നിഷേധിച്ചു അതെന്താണ് നിർമ്മത മൂന്ന് ഗുണങ്ങൾക്കും അപ്പുറം പോകും അപ്പൊ ഈ നിഷേധം ഏതെങ്കിലും ഒരു ഗുണത്തിന് വേണ്ടിയിട്ടില്ല അതാണ് പറയുന്നത് നിഷേധേ ഗുണത്ര സാധാരണ ഈ നിഷേധം മൂന്ന് ഗുണങ്ങൾക്കും വേണ്ടിയാണ് ഗുണാഗീതൻ വീതിയിൽ വന്നുണ്ട് അവിടെ ഒരു ഗുണത്തെയും വിട്ടിട്ടില്ല എങ്ങനെയാണ് തുടങ്ങുന്നത് വീദ്യൻ ഇവർ പ്രകാശം പ്രവർത്തിച്ച മോഹമേവച്ച പാണ്ഡവ എന്ന ദ്വേഷി സംവൃത്തായേ എന്നിവൃത്താനുകാംക്ഷ ബാക്കിയെന്താണ് ഉദാസീതപദാസീതോ പുണേ യോന വിചാല്യതേ ഗുണാവർത്തേത യോഗതിഷ്ഠതി നീന്തതേ വിശ്രിതമായി പറയുന്നു ഓർമ്മയുണ്ടെങ്കിൽ ആരെങ്കിലും പറയും എനിക്ക് കൃത്യമായി ഓർമ്മിക്കാൻ പറ്റുന്നു സമദത്ത സുഖസ്വസ്ഥ സമനോഷ്ടസ്മകാഞ്ജന തുല്യ തുയാപ്രിയോ ധീര തുല്യന്താത്മസംസ്തുതിപമാനയോ തുല്യോ മിത്രായുപക്ഷമോ സർവാരംഭപരിത്യാഗി ഗുണാഗീത സൗച്ത ഇത്രയേ ഇത്രയും മനസ്സിൽ വയ്ക്കുന്നതിനാണ പ്രയാസം ഇത് ഇത്രയും മനസ്സിൽ വയ്ക്കുന്നത് എന്താ ഗീത പഠിച്ചത് ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആദർശങ്ങളാണ് ഒന്ന് ഈ ഗുണാഗീതം കാണുക ഏറ്റവും പ്രധാനപ്പെട്ട അത് കഴിഞ്ഞ് ബാക്കി എന്താ സ്ഥിതപ്രകൃതി അവര് സ്ഥിതപ്രജൻ എന്ന് പറയുന്നത് ഇതോടെ വ്യാഖ്യാനിച്ച് മനസ്സിലാവും അത്ര ഈസി അല്ല മനസ്സിലാക്കും പക്ഷെ ഗുണാധീനം വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത് വ്യാഖ്യാനങ്ങളൊക്കെ വളരെ സിമ്പിളാണ് കേൾക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും സത്വൻ്റെ യുസത്തമസം എന്ന് പറയുന്ന ഈ മൂന്ന് ഗുണങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ ജ്ഞാനം പ്രവൃത്തി നിവൃത്തി ഇവിടെയും പറഞ്ഞു വരുന്നത് സത്വ സത്വ സഞ്ചാരിത ജ്ഞാനം പിന്നെ രജസ് കർമ്മത്തിലേക്ക് പോകുന്നു തമസ് പ്രമാദാലിലേക്ക് പോകുന്നു അപ്പോൾ അവിടെ നിവർത്തി വരുന്നു അപ്പോൾ ഗുണകാര്യങ്ങളായി ഇതെല്ലാം പ്രാപ്തമാകുമ്പോൾ അതിൽ ഇഷ്ടം ആയതിനോട് കൂടുതൽ മനസ്സാസക്തമാകാതിരിക്കുക അനിഷ്ടമായതിനെ വെറുക്കാതിരിക്കുക ഇതിൻ്റെ ഏറ്റവും വലിയ സന്ദേശമാണ് ഈ ലോകത്ത് നമുക്ക് അനിഷ്ടമായി ഒരുപാട് കാര്യങ്ങളുണ്ട് മനുഷ്യരുടെ മൃഗങ്ങളോടും പ്രകൃതിയുണ്ട് ജാതിയുണ്ട് മതമുണ്ട് സിദ്ധാന്തങ്ങളുണ്ട് നമുക്കനിഷ്ടമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഭക്ഷണം പോലും നമുക്ക് അനിഷ്ടമാണ് പക്ഷെ ഒന്നിനെ വെറുത്തല്ല മനസ്സിൽ വെറുപ്പ് വളർത്തിയെടുക്കൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് പക്ഷെ ആൾക്കാരിന്ന് വീതുപയോഗിച്ചിട്ടാണ് വെറുപ്പിനെ വളർത്തുന്ന ഗീത ഉപയോഗിച്ചു അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഈ ആശയങ്ങളിലെല്ലാം അതാ വരുന്നത് ജനങ്ങൾ ഗീത ഉപയോഗിച്ച് വറക്കുന്നു എന്തുകൊണ്ടാണ് യുദ്ധം എന്ന് പറയുന്ന ഒരു കാര്യമില്ലാതെ കുത്തിത്തിരികിയതുകൊണ്ടാണ് പറ്റിയത് നല്ല ആശയങ്ങളുടെ ഇടയ്ക്ക് ഇതുകൂടെ വന്നു വന്നു അതുകൊണ്ടാണ് മനുഷ്യൻ ഗീത ഉപയോഗിച്ച് വർക്കുന്നത് ഗീതെ എന്ന് വളരെയധികം വിമർശിക്കുന്നതും അതിൻ്റെതായിട്ടാണ് ഇപ്പോ ഗുണാതീതനാ പറയുന്നു പിന്നെ പറയുന്ന ഓരോ കാര്യങ്ങളും സമലോഷ്ട ശ്മാഞ്ചലനായിരിക്കണം സുഖദുഃഖങ്ങൾ സമനായിരിക്കണം സ്വസ്ഥനായിരിക്കണം അവിടെ തന്നെ പറയുന്നതാണ് ധീരനായിരിക്കണം തുല്യ നിന്ദാസ്തുതി നിന്ദാസ്തുതികളുടെ തുല്യനായി മാനാപമാനങ്ങളിൽ സമനായിരിക്കണം പിന്നെ അവസാനം പറയുന്ന എന്താണ് സർവാരംഭ പരിത്യാഗിയായി സർവം പരിത്യജിച്ചവനായി ഇവിടെയാണ് ശങ്കരാചാര്യം ദും വ്യാഖ്യാനിപ്പിച്ചു സർവാരംഭ പരിത്യാഗി ഭഗവാൻ പറഞ്ഞ പരിത്യാഗത്തെ സ്വന്തം പരിത്യാഗത്ത കൊണ്ട് ഭഗവാൻ പറഞ്ഞെന്താണ് സാത്വികമായ ത്യാഗത്തെ കുറച്ച് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇനി എപ്പോഴും പറഞ്ഞുകൊണ്ട് വരിക കാരണം മറ്റേ വരച്ച സ്ലേറ്റൊക്കെ മാറ്റുക അങ്ങനെയുള്ള നമ്മൾ പഠിക്കുന്നത് കുട്ടിക്കാരത് എങ്ങനെയാണ് പഠിച്ചത് ഞങ്ങളൊക്കെ സിനിറ്റിൽ എഴുതിയ പഠിച്ചത് അപ്പൊ എല്ലാ ദിവസവും ഏഴും ഏഴും അങ്ങനെയാണ് പഠിച്ചത് അല്ല മായ്ക്കാതെ എന്ന് എഴുതി പഠിക്കാൻ പറ്റില്ല നിരന്തരം മായ്ക്കണം പഠിക്കും കാര്യമിത്യവയ കർമ്മനീയുത്രീടെ അർജുന ഒരിക്കലും മറക്കാൻ പറ്റും സങ്കന്ധത്വ ഫലം ചെയ്യും സത്യാഗ സാത്വികോ അതാണ് സാത്വികമായ ത്യാഗം ഭഗവാൻ അംഗീകരിച്ച ത്യാഗം അങ്ങനെ സർവപരിത്യാഗം ഇത് രാമാനുചാര്യത്തിന് കൃത്യമായി വഹിക്കാണ്ടിരിക്കും അപ്പൊ ആ ഉണാതീനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു ആശയം തന്നെയുള്ളപ്പോ നിസ്ത്രയുലം എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ എടുക്കേണ്ടത് പിന്നെ എങ്കിലും അർത്ഥം പറഞ്ഞു ഒന്നുമാണ് അതുകൊണ്ട് നിഷേധിച്ചു കഴിഞ്ഞാൽ നിഷേധം ഗുണത്രയെ സാധാരണ സ്ഥിതി നിഷേധിച്ചു കഴിഞ്ഞാൽ മൂന്ന് ഗുണത്തെയും നിഷേധിക്കുകയാണ് നിസ്ത്രയുലം നിഷേധമാണ് നിരാതെ ക്രാന്താദ്യർത്ഥി ദിതിയാണ് പഠിച്ചിട്ടുള്ളത് അതിന്റെ അർത്ഥം തന്നെ അതാണ് നിൽപ്പത്തി അങ്ങനെയാണ് സതി കഥും സത്വം മനസ്സിലായെങ്ങനെ സത്വത്തെ വർദ്ധിപ്പിക്കാൻ പറയും അത് കളയേണ്ടത് അതിനാണ് അടുത്ത ആചാര്യൻ പറയുന്നത് എല്ലാം അന്യോന്യസങ്കീർണ ഗുണത്രയപ്രചരം നിസ്ത്രയമണ്ണെന്ന് പറയുന്നതും ശരിക്കും കൃത്രിമമായ അർത്ഥമല്ല ശരിയായി മറ്റൊരു അർത്ഥം കൂടെയുണ്ട് എന്താണ് അന്യോന്യസങ്കീർണ ഗുണത്രയപ്രചോദം അന്യോന്യസങ്കീർണമായിരിക്കുന്ന ഗുണത്രയപ്രചരനായിരിക്കും സാങ്കേതിക സിദ്ധാന്തം അനുസരിച്ച് പറയാം നമ്മൾ എങ്ങനെയായിരിക്കുന്നത് ിൽ സത്വമുണ്ട് രജസമുണ്ട് തമസ്സുണ്ട് അന്യൂന്യ സങ്കീർണമായിരിക്കുന്നു ഏത് സമയം ഏതാണ് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല ഇപ്പൊ സത്വമാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ രജസ്വം വരും അത് കഴിയുമ്പം തമസ് വരും ഇതിങ്ങനെ മാറിക്കൊണ്ടേ ഇങ്ങനെ ആകരുത് എന്നാണ് പല സ്വഭാവം കാണിക്കരുതെന്നാണ് ഗുണം മാറുന്നുകൊണ്ട് അങ്ങനെ കാണിച്ചു പോകും നമ്മുടെ അനുഭവത്തിൽ നമ്മൾ കാണുന്നതുവരെ ക്ഷിപ്രപ്രസാദി ക്ഷിപ്രഭോഗി എന്നൊക്കെ പറയുന്നില്ല ഇതൊക്കെ ഗുണത്തിന്റെ കളിയാണ് ഗുണം എന്ന് പറയുന്നത് ഞാൻ ഗീത നിന്നുകൊണ്ട് പറയണം സയൻസിന്റെ ഭാഷയിൽ പറയണം നമ്മൾ ദർശനത്തിന്റെ ഭാഷയിൽ പറഞ്ഞ ഗുണമാണ് എന്തെങ്കിലും അങ്ങനെ കാരണം ഉണ്ടാകും എന്തോ ആയതുകൊണ്ട് ഗുണമോ ജീനോ എന്തോ ആയോ എന്തായാലും നമ്മുടെ അനുഭവത്തോടാണ് അപ്പൊ ഇതിങ്ങനെ പോകരുതെന്നാണ് പറയുന്നത് പറയാനും കാരണമുണ്ട് വ്യക്തമായ കാരണമുണ്ട് എന്തുകൊണ്ട് തൊട്ടു മുമ്പ് വരെ ഇവന്മാരെ എല്ലാം തകർത്താവെന്ന് പറഞ്ഞാണ് സ്വഭാവം അവിടെ എന്ത് വരുന്നു അന്യോന്യ സങ്കീർണ്ണ ഗുണത്രയപ്രചുരനായിരിക്കുന്നു അങ്ങനെ ആകരു മനുഷ്യരെ കുറിച്ച് വേണ്ടവർ വിശ്വസിക്കാനേ പറ്റുന്നു എപ്പോഴാണ് ഇവരുടെ സ്വഭാവം മാറുന്നതെന്ന് അറിയാൻ പറ്റുന്നത് അർജുന്റനും നിന്നതിനെ യുദ്ധത്തിന് തയ്യാറായി ഗാന്ഡിയവുമായിട്ട് വന്നിട്ട് പറയുന്നു എനിക്ക് വയ്യം എന്ന് പറഞ്ഞ സാധനം പറയുന്നു ഇത് ഗുണത്തിന്റെ പ്രവൃത്തിയായിട്ടാണ് ഗീതയുടെ വ്യാഖ്യാനം രജസ്തമസ്തൂജസത്വം ഭൗതിഭാരത രജസത്വം തമസ്തൈവ തമസ്സത്വം രജസ്തത ഓർമ്മയുണ്ട സംഖ്യ അടിസ്ഥാന സിദ്ധാന്തം അത് നിന്നുകൊണ്ടാണ് ഗീതയും മുഴുവൻ ഈ ഗുണത്തിൽ നിന്നുകൊണ്ട് പോകുന്നുകൊണ്ടാണ് ഗീത ഒരിക്കലും ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതിയെ പറയാൻ പറ്റില്ല ജന്മം കൊണ്ടേ സ്വാധി അതാണ് ഗീതയുടെ ശരിയായ അർത്ഥം നമ്മൾ തെറ്റായി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിന് വരെ രജസമസ്ത സത്വം ഭൗതി ഭാരത നമ്മളിൽ ഓരോരുത്തരിലും സത്വ ഗുണം കാണുന്നുണ്ടെങ്കിൽ അതെന്തെയ്യുന്നു രജസ് തമസ്റ്റിമുഖം രജസിനെ സത്വത്തിനെയും കീഴ്പ്പെടുത്തിയിട്ട് സോറി രജസിനെയും തമസിനെയും കീഴ്പ്പെടുത്തിട്ട് സത്വം ഇങ്ങനെ ഉയർന്നു വരികയാണ് അല്പസമയത്തിൽ ഇപ്പൊ ഞാൻ സന്തോഷത്തോടെയും പ്രസന്നനായി ഇപ്പൊ എന്നെന്താ സംഭവിച്ചത് തമസം കീഴ്പ്പെട്ടിട്ട് എന്നിന്റെ സത്വം പ്രകാശമാണ് അതുകൊണ്ടാണ് ഞാൻ സന്തുഷ്ട അതുകൊണ്ടാണ് എന്തിന്റെ അറിവോ ഇത് മാറാതെ സമയമൊന്നും വേണം അടുത്തുവരും രജസത്വം തമസ് ചെയ്യും അടുത്ത് പറയും രജസ്സിനോട്ട് വന്നിട്ട് എന്തെയും സത്വത്തെയും തമസ്സിനെ കീഴ്പ്പെടുത്തും അത് സംഭവിക്കും അവിടെ അവർക്ക് ഇവിടെ പ്രാധാന്യം വരുന്നതിനാണ് രജസികൾ കർമ്മം എന്റെ കർമ്മശേഷി എന്ന് പറഞ്ഞു കർമ്മത്തിലും ഞാൻ മറ്റൊരാളായി മാറുകയാണ് കർമ്മത്തിന് പ്രാധാന്യം തൊട്ടടുത്ത നിമിഷം തന്നെ ഇന്ന് വരുന്നു ഇതെല്ലാം ഇന്ന് തന്നെ സംഭവിക്കുന്നു മണിക്കൂറുകളും സംഭവിക്കുന്ന കമസത്വൻ രജി തമസ് എന്തെയ്യുന്നു അടുത്ത് തമസ് വന്നിട്ട് സത്വത്തെയും രജസിനെയും വീഴ്പ്പെടുത്തുന്നു അപ്പം ഞാൻ നിദ്രാരസ്യങ്ങളിലേക്ക് പോയി പോയി എനിക്കൊന്ന് കിടക്കും എനിക്ക് എല്ലാ കക്ഷിയും ഒന്ന് റെസ്റ്റ് എടുക്കും റെസ്റ്റെടുക്കുമ്പോൾ എന്താണ് അവിടെ തമസ് വന്നിട്ട് സത്വത്തിനെയും രജസനെയും അതാണ് സംഘത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തം പറഞ്ഞത് തമസ്സത്വം രജസ്തഭ എന്ന അവസാനം രജസ്തമിഭൂയ സത്വം ഭഗവതി ഭാരത രജസത്വം തമശ്ചൈവ തമസ്സത്വം രജസ്ത മൂന്ന് അവസ്ഥകൾ നമ്മളിൽ മാറി മാറി വരുന്ന മൂന്ന് അവസ്ഥകളെ കുറിച്ച് കൃത്യമായി ഈ ഇതിനെയാണ് നമ്മുടെ പറയുന്നത് എന്താണ് അന്യോന്യ സങ്കീർണ ഗുണത്രയപ്രാചനം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ കാണുന്നത് നമ്മുടെ അനുഭവത്തിൽ ശരിയാണ് ഇതെങ്കിലും മാറി മാറി വന്നുകൊണ്ടേ ഇതെല്ലാം നർക്കം പറയാൻ പറ്റുന്നു അപ്പൊ അർജുനെന്നും അങ്ങനെ തന്നെയാണ് അർജുനൻ എന്നും കഥാപാത്രം ഈ ഒരവസ്ഥയിലാണ് സംഖ്യ പറയുന്നത് മനുഷ്യനെ കണ്ടിട്ട് മനുഷ്യന്റെ അനുഭവങ്ങളെ മനസ്സിലാക്കി അവരെഴുതി വെച്ചിരിക്കുന്ന സുഹൃത്തും അനുഭവങ്ങളെയും അന്യരുതിയ അനുഭവങ്ങളെയും മനസ്സിലാക്കിയിട്ട് കപിൻ്റെ എഴുതി വെച്ച പതഞ്ജലി എഴുതി വെച്ചാണ് അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിന്റെ എഴുത്തുകാരെന്ന് പറയുന്നവരാണ് ഇതിന്റെ എഴുത്തുകാരൻ പുതിയ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം കപിന്നെ പതഞ്ജലി കാര്യങ്ങൾ ഇങ്ങനെ നീ ആകരുത് അപ്പോ ത്രൈഗുണ്യനായിരിക്കുക എന്ന് പറഞ്ഞാൽ ഗുണങ്ങളിൽ മാറി മാറി മാറി മാറി സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുക നമ്മുടെയൊക്കെ സാധാരണ ഗുണം അല്ലാതെ ഗുണാതീതനല്ല സ്ത്രീഗുണനെന്ന് പറയുന്നത് ഗുണാതീതനാണെങ്കിൽ അത് അർജുനോട് പറയേണ്ട കാര്യമില്ല അർജുനൻ അതിനിപ്പോ ഫിറ്റല്ല അവിടെ എന്താണ് മനസ്സ് അചഞ്ചലമായിരിക്കും അവിടെ പറഞ്ഞുണ്ടോ ധീരനായിരിക്കും എല്ലായിടത്തും തുല്യനായിരിക്കും അചഞ്ചലമായ സ്ഥൈര്യമുള്ള മനസ്സാണെന്ന് ഗുണാതിരിക്കുന്നത് അതാണ് ഇതിലെറ്റവും മുഖ്യമായ ഉപദേശമാണ് ആശയപരമായത് ഏറ്റവും മഹത്തായ സ്ഥാനമാണ് പ്രാക്ടീസിലത് എത്രയൊക്കെ വരും എന്നുള്ള കാര്യം മറ്റൊരു പ്രാക്ടീസ് എന്ന് പറയുന്നത് ചോദ്യം ചെയ്യേണ്ട എന്തുകൊണ്ട് ഇങ്ങനെ ഗീത പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നവർക്ക് സ്വന്തം ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോൾ അവർ സാധാരണക്കാരെ പോലെ അത് മറ്റൊരു വിഷയം പക്ഷെ ആശയപരമായ ഇത് ഏറ്റവും ശ്രേഷ്ഠം അങ്ങനെ ഒരു മാനസിക സ്ഥൈര്യം അങ്ങനെയൊരു മാനസിക ആർക്കും തരത്തില്ലാത്തല്ല നമുക്കെല്ലാവർക്കും ഇല്ല മനസ്സ് ചഞ്ചലമല്ലാത്ത അവസ്ഥ മനസ്സ് സ്ഥിരമായിരിക്കുന്ന അവസ്ഥ പക്ഷെ അത് ലാസ്റ്റിൽ അത്ര അതുകൊണ്ടാണ് പ്രാക്ടീസ് അതിന് പ്രശ്നങ്ങളുണ്ടോ ആശയം കറക്റ്റാണ് തിയറി ഫുൾ പ്രൂഫാണ് പ്രാക്ടീസ് പ്രശ്നങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു ഗുണാതീതാവസ്ഥ അതിന് ഈ നിസ്ത്രൈമുഞ്ഞു പറയാം പക്ഷെ ഇവിടെ പറഞ്ഞുണ്ടോ രാമാചാര്യെ കൃത്യമായി വ്യാഖ്യാനിച്ച് അധികാര ഭേദം അനുസരിച്ചാണ് പറയുന്നത് ഇപ്പൊ അർജുനനോട് പറയുകയാണ് അർജുന അടുത്ത് പറയുന്നത് നേരിട്ട് അഭിസംബോധന ചെയ്ത് പറയുകയാണ് അത് അർജുനനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിസ്ത്രൈ ഈ മൂന്ന് ഗുണങ്ങളെല്ലാം പെട്ടിങ്ങനെ ഉഴലുന്ന ഈ അവസ്ഥ ഇതിൽ മാറണം ഇതാണ് നമുക്കെല്ലാം ഇപ്പൊ വേണ്ടത് അല്ലാതെ ഗുണാധീതന സാധിക്കുന്ന കാര്യം പണ്ട് ആരാണെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം ഗുണാധീകതനെ കുറിച്ചൊക്കെ പറയുമ്പോൾ വരുന്ന ആവേശം ജീവിതത്തിൽ കാണുക എന്ന് പറയുന്ന പ്രയാസമുണ്ടായി അതുകൊണ്ടിപ്പോ അതെല്ലാം ആവശ്യം രാമാനുചാചാര്യത്തെ വ്യാഖ്യാനം വളരെ കറക്റ്റ് ആണ് ചങ്കരായവിടെ എത്തിയിട്ടില്ല അർജുനന്റെ അവസ്ഥക്കനുസരിച്ച് അർജുന സംബോധനകൾ പറയുന്നതുകൊണ്ട് കൃത്യമായും അർജുനന്റെ അവസ്ഥ എടുത്തു കാണിക്കണം നമ്മുടെയൊക്കെ അവസ്ഥ എടുത്തു കാണിക്കുകയാണ് നമ്മളും ഗുണാതീതന്മാരാകും എപ്പോഴെങ്കിലും നല്ലപ്പോൾ ഓരോ സമയം എന്താണ് അന്യോന്യൂ സങ്കീർണ ഗുണത്രയപ്രചരന്മാർ അതങ്ങനെ ആകരുതെന്ന് അതാണ് വ്യാഖ്യാതാവ് പറയുന്നത് വ്യാഖ്യാതാവ് പറയുന്ന ഗുണത്രയ സാധാരണവും നിക്ഷേപിക്കാം ശരിയാണ് നിസ്ത്രയോണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗുണങ്ങൾ മൂന്ന് ഗുണങ്ങളെയും അതിക്രമിച്ചവരുന്നത് എത്ര ഗുണ അറിയില്ല അർത്ഥം അത് പക്ഷേ സത്സങ്കീർണ വിഷയാ ഇവിടെ അത് സങ്കീർണ വിഷയമാണെന്ന് വെച്ചാൽ ഗുണസങ്കീർ ഗുണങ്ങളുടെയും പരസ്പരം ചേർന്ന് പ്രവർത്തിക്കുന്ന ഇന്നത്തെ പറയുകയാണ് ഗുണത്തേക്കും വിടുക നമ്മുടെ മാനസികാവസ്ഥയെക്കുറിച്ച് പറയുക അതിങ്ങനെ മനസ്സ് മാറി മാറിയിരിക്കുന്ന ഒരവസ്ഥ അത് തന്നെയാണ് പറയുന്നത് അന്യഥ അല്ലെങ്കിൽ പിന്നെ നിത്യസ്വസ്വസ്ഥി പക്ഷേ മണനുമത്തേ അതുകൊണ്ട് പിന്നെ അടുത്തെന്താ അതെ വ്യത്യസ്ത സ്വസ്ഥ എന്നെന്തിനും പറയുന്നു അപ്പോ ആ പറയുന്നത് ഒരർത്ഥം ഈ വ്യാഖ്യാനിക്കുമ്പോ ഒരു പദം കണ്ടു കഴിഞ്ഞാൽ ചാടിയെന്നർത്ഥം പറയുന്നു സൂക്ഷ്മമായി ആനുകൂടി ചിന്തിച്ചിട്ട് ആ സന്ദർഭത്തിൽ ആ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി വ്യാഖ്യാനം കൃത്യതയുള്ളതായി പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നു എഴുതി വരിക ഈ ശങ്കരായുപോലെയാകട്ടെ രാമാനുജനേറ്റ് പറഞ്ഞവർ തന്നെയായി എല്ലാം എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വ്യാഖ്യാനം അർജുനനെ മനസ്സിലാക്കേണ്ട ഒരു വ്യാഖ്യാനമാണ് അതുകൊണ്ട് പറഞ്ഞു അവിടുത്തെ നീ സ്ത്രൈപുണ്യനുമാവുക ഒരേ സമയം നിത്യസത്വസ്ഥനുമാകും ുണങ്ങളിൽ പെട്ടുകിടന്ന് വല്ലാതിരിക്കുക അസ്യനീനിന്റെ സ്വത്ത് ഗുണത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് ആദ്യം നമ്മൾ പഠിച്ചു അതും മാച്ചുകളിൽ ആ എന്താണ് അർജുനൻ രജോ ഗുണമുള്ളതുകൊണ്ടാണ് ക്ഷത്രിയനായ അർജുനൻ സ്വത്ത് തന്നെയാണ് രജോ ഗുണവുമുണ്ട് അർജുനന് ാണ് ഞാൻ നേരത്തെ പറയുന്നത് രജ തമസ്ത ഭൂയസത്വം ഭൂരിമാർ രജസത്വം തമസ്തൈവത്തമസ്തത്വം രജസ്തയോ ആശയും ശ്രോവം പഠിച്ചു വെച്ചില്ലെങ്കിൽ മൃഗങ്ങളെ കൊണ്ട് പ്രയാസമാണ് ആശയും മനസ്സിൽ വിട്ടു പോകുമ്പോൾ സത്വം രജസ്വമായി ഗുണ പ്രകൃതി അതും പ്രത്യേക ഓർത്തും ഈ മൂന്ന് ഗുണങ്ങൾ നമ്മളിൽ കാണുന്നത് പ്രകൃതിയിൽ നിന്നുണ്ടായതാണ് ഇതെങ്ങനെ ഉണ്ടായി തനിയുണ്ടായ ശാങ്കന്മാർ പറയും അതിൽ തനിയോ ഉണ്ടായതാണ് ഭഗവാൻ അത് അംഗീകരിക്കും എന്ന് വെച്ചാൽ ഗീത അത് അംഗീകരിക്കും ഗീതിയിലെന്താ പറയുന്നത് മഹത്യൂനം മഹത് ബ്രഹ്മ തസ്മിൻ ഗർഭം ദദാമ്യാണ് ഞാൻ സൃഷ്ടിക്കുന്നതാണ് പ്രകൃതിയിൽ നിന്ന് ഞാൻ സൃഷ്ടിച്ചാണ് ഇവർക്ക് അല്ലെങ്കിൽ നിന്ന് തനിയുണ്ടായി വന്നത് സാങ്കേതിക അതുകൊണ്ടാണ് ഗുണ പ്രകൃതി സംഭവ ഗുണങ്ങൾ പ്രകൃതിയിൽ നിന്ന് ഉണ്ടായതാണ് അത് ഞാൻ തന്നെയാണ് ഞാൻ സൃഷ്ടിച്ചതാണ് എന്നാണ് പറയുന്നത് സാങ്കേ്യത്തിൽ ഈശ്വരന് ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞതെല്ലാം പ്രകൃതിയുടെ പരിമാണത്തെ തിരികെ അങ്ങനെ സംഭവിക്കുന്ന ഇവിടെ പറയുന്നത് അങ്ങനെയല്ല ഇതെല്ലാം ഭഗവാൻ സൃഷ്ടിച്ചത് തന്നെയാണ് പ്രകൃതിക്ക് സ്വയമൊന്നും ചെയ്യാൻ പറ്റില്ല തസ്സന്ദർഭം തഥാമ്യഹം മഹത് ബ്രഹ്മ എന്ന് പറയുന്നത് പ്രകൃതിയാണ് സൃഷ്ടിയെ ഉണ്ടാകുന്ന ഞാനാണ് െല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന ഞാനാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അവിടെ പറഞ്ഞ എന്താണ് ചാതുറും വർണ്ണയും മയാ സൃഷ്ടം ഗുണകർമ്മ വിവാഹം നാല് വർണ്ണങ്ങളെയും ഞാൻ സൃഷ്ടിച്ച തന്നെയാണ് ആൾക്കാർ ഇന്നത്തെ ശൂദ്ര വ്യാഖ്യാനങ്ങൾ കേട്ടി കേട്ടാ തോന്നുന്നു എന്താണ് ഗുണകർമ്മങ്ങൾ ഭഗവാൻ സൃഷ്ടിച്ചതല്ല ഗുണകർമ്മങ്ങളും ഭഗവാൻ സൃഷ്ടിച്ചാണ് ഞാൻ സൃഷ്ടിച്ചതല്ലാ അല്ലാത്തത് ഇവിടെ ഒന്നുമില്ല ദിവ ദേവേഷ സ്വർഗത്തിൽ പോയാലും ഇല്ല ദേവന്മാരിൽ പോയാലും ഇല്ല എവിടെ പോയാലും എന്താണ് എന്റെ സൃഷ്ടിയോ അഹം പിതാവ് അതുകൊണ്ട് പറയും ഞാൻ എല്ലാത്തിന്റെയും പിതാവാണ് അപ്പൊ ഈ നാല് വർണ്ണങ്ങളെ സൃഷ്ടിച്ചതും ഈ നാല് വർണ്ണങ്ങൾക്കും വേണ്ടി ഗുണങ്ങളെയും കർമ്മങ്ങളെയും സൃഷ്ടിച്ചത് ഞാനാണ് എപ്പോ സൃഷ്ടിച്ചു ഇതൊക്കെ എപ്പോഴാണ് സൃഷ്ടിച്ചത് അവരൊരു ചോദ്യം കൂടി എന്തുകൊണ്ടോ ഇന്ന് സൃഷ്ടിച്ചാണ് ഇന്നലെ സൃഷ്ടിച്ചാണോ എപ്പോഴാണ് ഭഗവാൻ ഇതൊക്കെ സൃഷ്ടിച്ചത് ഇതിനെയൊക്കെ ഭഗവാൻ സൃഷ്ടിച്ചതപ്പോ ഞാൻ പിതാവാണെന്ന് പറഞ്ഞു ഞാനാണ് സർവ പരിപാടി ഒപ്പിച്ചതെന്ന് പറഞ്ഞാൽ എപ്പോ ഇതൊക്കെ ചെയ്തത് ഗീതയിൽ നിന്നുകൊണ്ട് ഉത്തരം പറയും ഒരു ഉത്തരവും നിങ്ങൾ പറയില്ല എന്നെ കൂടുതൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൺട്രോളും ഇത് ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തിൽ സംഭവിച്ച പറയുന്നത് എന്താണ് പ്രകൃതി സംഭവം അതിലൊന്നും പ്രകൃതിയായിരുന്നു കേവല അവിടെ നിന്ന് ഇതെല്ലാം സംഭവിച്ചുണ്ടായി ഞാൻ എല്ലാത്തിനും സൃഷ്ടിച്ച നാല് വർണ്ണങ്ങളെയും നാല് വർണ്ണങ്ങൾക്കുള്ള ഗുണകർമ്മങ്ങളെയും ഞാൻ തന്നെ സൃഷ്ടിച്ചാണ് തുടക്കത്തിൽ പിന്നെ സംഭവിക്കുന്നത് അതിന്റെ തുടർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഭഗവാന്റെ സൃഷ്ടിക്കാം ഗുണകർമ്മങ്ങൾ ആർക്കു സൃഷ്ടിച്ചു നാല് വർണ്ണങ്ങൾക്ക് സൃഷ്ടിച്ചു അപ്പൊ ഇതെല്ലാം ഉള്ളതാണ് നാല് ജാതികളും ഗുണങ്ങളും കർമ്മങ്ങളും എല്ലാം സൃഷ്ടിയിലുള്ള അല്ലാതെ നാല് ജാതി മാത്ര സൃഷ്ടിയിലുള്ള എല്ലാത്തിലും ആരംഭമാണ് സൃഷ്ടി എന്ന് പറയുന്നത് ജന്മമാണ് ജന്മത്തിൽ തന്നെ ഇതെല്ലാം ഉണ്ട് ഗുണം കൊണ്ട് കർമ്മമാണ് നിങ്ങൾ ജനിക്കുമ്പം തന്നെ നിങ്ങൾക്ക് ഗുണം കൊണ്ട് അല്ലാതെ പിന്നീട് വന്നുചേരുന്നതല്ല എനിക്കിപ്പോ തന്നെ ഉള്ളത് തന്നെയാണ് ജനനാണുള്ളത് തന്നെ നിങ്ങൾ ഗീതയുടെ സിദ്ധാന്തമാണ് ഞാൻ പറയുന്നത് ദ്രവവാക്യ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോ ജാതികളെ സൃഷ്ടിച്ചതും ഗുണകർമ്മങ്ങളെ സൃഷ്ടിച്ചതും എല്ലാം ഭഗവാൻ തന്നെയാണ് അത് ജാതികൾക്ക് തന്നെയാണ് സൃഷ്ടിച്ചത് അപ്പൊ സൃഷ്ടി എന്ന് ജന്മത്തിലെ ജാതിയും ജന്മത്തിലെ ഗുണവും അക്കാര്യമാണ് ഇവിടെ പറയുന്നത് അത് ഇത് പറയുമെന്ന് ഉൾപ്പെള്ളാൻ പ്രയാസമുണ്ടെന്നറിയാം മാച്ചുകള കലാകാരവും വഴി ഇന്നത്തത്പ്രാചര്യം വളർത്തുക മറിച്ച് എന്താണ് ഈ ഈ മൂന്ന് ഗുണങ്ങളിലും ഇങ്ങനെ വളർന്ന് കറങ്ങുന്നുണ്ടോ അതിനെ വർദ്ധിപ്പിക്കുക മറിച്ച് സത്വത്തെ വർദ്ധിപ്പിക്കണം അതാണ് നിസ്ത്രൈപുല്യോ ഗവാർജുനം നിത്യസത്വസ്ഥ ഇന്ന തത്പ്രാചര്യം അറിയാമെന്ന് വെച്ചാൽ മൂന്ന് ഗുണങ്ങളും വളർത്തുക പിന്നെ നീണ നിർദ്ധന്ദ് സകല സംസാരിക സ്വഭാവ ഭാവിയും ഭാവി അർജുനൻ ആയിത്തീരേണ്ട കാര്യങ്ങൾ പറയുന്നത് സകല സംസാരി സകല സംസാരിക സ്വഭാവങ്ങളും നിന്ന് നീ നിർഗമിക്കുക അതിനൊക്കെ അതീതനാണ് എന്തുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ഇപ്പൊ കടന്ന് കരയുന്നു നിരാശനായി വിഷാദം വന്നു സംസാരിക സ്വഭാവം വിഷാദത്തിൽ നിന്ന് നീ മോചിക്കുക അതാണ് ഈ പറയുന്നത് നിരദ്വന്ദനാണ് എന്തെല്ലാം പരിഭവങ്ങളും പരാതിയും ആവലാൽ എല്ലാം ജീവിതം പറഞ്ഞിട്ട് എല്ലാം ജീവിച്ചിട്ടാണ് പറയുന്നത് സംസാരിക സ്വഭാവമാണ് നീ കാണിക്കുന്നത് അതിനു വേണ്ടി ഓണം അചഞ്ചലമായ വേണം അതിനു വേണ്ടിയിട്ട് നിത്യസത്വസ്ഥ ഗുണദ്വൈരഹിത നിത്യ പ്രവൃദ്ധസത്വസ്വ ഗുണദ്വയത്തെ കളയും രജസ്വിനി തമസി അത് കളഞ്ഞിട്ട് എന്നാണ് ഗുണദ്വൈരഹിത നിത്യ പ്രവൃദ്ധസത്വസ്വ എന്നും വളർന്നുകൊണ്ടെങ്കിൽ സത്വത്തെ നിരന്തരം ഇപ്പോ ഭഗവാൻ സൃഷ്ടിയിൽ തന്നെ ഓരോന്ന് തന്നിട്ടുണ്ട് അതില് എന്തു ചെയ്യാം ഓരോരുത്തർക്കും അതിന് വളർത്തും മാറ്റങ്ങൾ വരുത്തും അതങ്ങേ അതുകൂടെ അംഗീകരിക്കും അല്ലെങ്കിൽ ജീവൻ ഊർധ്വകതി ഊർധ്വം കച്ചന്തി സത്വസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ട് സത്വസ്ഥന്മാരാണ് മേലോട്ടത് അർജുനോട് പറയുന്നത് എന്താണ് സത്വഗുണത്തെ നീ വളർത്തണോ അപ്പോൾ എന്തായാലും സൃഷ്ടിയിൽ ജനിച്ചപ്പ പെട്ടിയത് ആ ജനിച്ചപ്പ പെട്ടിയതിനെ വളർത്തിയെടുക്കാം നശിപ്പിക്കുകയും ചെയ്യാം പക്ഷെ സംഗതി ജനിച്ചപ്പത്തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു അതിന് മാറ്റവും വരും പിന്നെ ഗുണം ഒന്നായിട്ട് നിൽക്കുന്നില്ലല്ലോ സത്വം ഏസും തോമസും എന്ന് മുമ്പ് പറഞ്ഞത് എല്ലാവർക്കും അങ്ങനെയാണ് അന്യോ ഇന്യം സങ്കീർണമാണെന്നോ അതിൽ നിന്നും ഓരോ കഷ്ടവണയും വളരൊക്കെ എല്ലാം ഉണ്ടും അങ്ങനെ ചുരുക്കം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ജാതി പറഞ്ഞു കഴിഞ്ഞാൽ സത്വമേ ഉള്ളൂ എന്ന് പറയുന്നില്ല അവൻ്റെ സത്വരേശു ദിവസം കാണുന്നു അതില് അവന് സത്വം അവന് വളർത്തിയെടുക്കാം ക്ഷത്രീ ജാതി ചെയ്ത് മൂന്നും പേര് വളർത്തിയെടുക്കാം അർജുനൻ ക്ഷത്രീയ ജാതി ഇവിടെ പറയുന്നത് സത്വം കൂടുതലെന്നാണ് അവനെ വളർത്തിയെടുക്കണം ഇപ്പൊ ദ്രോണര് ബ്രാഹ്മണ ജാതി നാക്കണം പക്ഷെ കൂടുതൽ അർജുനൻ ക്ഷത്രിയ ജാതി ഇല്ലാകുന്നുണ്ട് പക്ഷെ കൂടുതലും സത്വമാണ് വ്യാധൻ വയസ്സിൽ ജാതി ഇല്ല പറഞ്ഞു പക്ഷെ കൂടുതലും സത്യമാണ് വിദുരൻ സൂത്രജാതി എന്താ പറഞ്ഞു കൂടുതലും സത്യമാണ് അപ്പോ ഗുണങ്ങൾക്കനുസരിച്ചല്ല ജാതി നമ്മുടെ ഇത് ഇത് ആദ്യത്തെ സമയവും ഞാൻ പറഞ്ഞിരുന്നേ കഴിഞ്ഞു ഗുണങ്ങൾക്കനുസരിച്ചുള്ള ജാതി എന്നുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത് ഞാൻ അദ്ദേഹം പറഞ്ഞത് പക്ഷേ ആ പറഞ്ഞപ്പോ തന്നെ എന്റെ ഒന്നുകൊണ്ടിന്ന് ഓടിക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് ഞാൻ പിന്നെ അതുകൊണ്ട് സ്ട്രെസ് ചെയ്യാൻ പോയി ബാക്കി പറയാനുള്ളത് പറയാൻ പറ്റിയിട്ട് ഇപ്പൊ വയസ്സായി ഇനി ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഓടിയോ മതിയെന്നാണ് അതുകൊണ്ട് പറയുന്നു അതാണ് വീടിന്റെ അതാ പറയുന്നത് കാണുന്നത് അതാണ് നാട്ടിൽ പുലം നാശത്തെക്കുറിച്ചും പറയുന്നത് കുലാത്ഭവ കുലീന കുലാദ്ഖ കുലേഭവുല പാണിന്ന് പറയുന്നത് കുലത്തിൽ നിന്ന് ഖപ്പർ ചെയ്യുമ്പോഴാണ് കുലീനന്മാരും എന്ന് പറഞ്ഞ ജാതിയാണ് ജാതിയിൽ പറഞ്ഞവരെയാണ് കുലീനൺന്ന് പറയുമ്പോൾ സാധാരണ നാട്ടിൽ പറയാറുണ്ട് കുലീനണ്ണം എന്ന് പറയുമ്പോൾ ജാതി പറഞ്ഞു ഏത് ജാതിയിലും മേൽ ജാതിയിൽ പറഞ്ഞു താഴ്ന്ന ജാതി പിറന്നവരാരും കുലീനന്മാരാണ് അങ്ങനെ ഒരു ധാരണ സമൂഹത്തിൽ പരക്കുന്നതിന് കാരണം ഈ കുല കുലീന ശബ്ദത്തിന്റെ വിൽപ്പത്തി അങ്ങനെയാണ് മേൽജാതികൾ മാത്രമേ കുലമായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ താഴ്ന്ന ജാതികളെ കൊണ്ട് കുലമായിട്ട് അംഗീകരിക്കും അതുകൊണ്ടാണ് എല്ലാവരും കുലീനന്മാരാക അതുകൊണ്ടാണ് കുല സ്ത്രീകൾ എന്നും പറയാറ് കുലീനമായ കുടുംബത്തിൽ കുറഞ്ഞാണെന്ന് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണം ജാതിയെപ്പൊക്കി പറയുകയുള്ളൂ അവിടെ മനുഷ്യന്റെ നന്മയെക്കുറിച്ചല്ല പറയുക കുല സ്ത്രീ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായക്കോട്ടും പോയത് മലയാള മലയാള ഭാഷയിൽ പറയണ പരിസരമാണ് കേരളത്തിലെ ശൂദ്രസ്ത്രീകളെയാണ് കുല സ്ത്രീകളെന്ന് പറയുന്നത് വടക്കേന്ത്യ അത് പറയത്തില്ല അവിടെ മേൽജാതികളെ പറയട്ടെ ജാതിയാണ് പറയുന്നത് ജന്മനാ ഉള്ളതായത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ലോക വ്യവഹാരം അങ്ങനെ തന്നെയാണ് ഇവിടെ ശാസ്ത്രജ്ഞർ പറയുന്നു അങ്ങനെ തന്നെയാണ് അല്ലാതീ ഭാഷയിൽ വെച്ച് ആരെങ്കിലും ഒന്നും തെളിയിക്കട്ടെ ഏത് ഭാഷയായിരുന്നു ശങ്കരായ ഭാഷയോ രാമാനുജന്റെ ഭാഷയോ മാധുവിന്റെ ഭാഷയോ നീരൻ രാജാവിന്റെ ഭാഷയോ മസൂടെ ഭാഷയോ ശ്രീധര രാജാവിന്റെ ഭാഷയോ ഏത് ഭാഷയായാലും ഉയരുകയും നോക്കാം ഏതെങ്കിലും ഉയരത്തിനുണ്ടോ ഇതല്ല എന്ന് പറയുന്ന ഒരു ഭാഷ കാണിച്ചാൽ ഈ പറയുന്നില്ല ഇന്നത്തെ ശൂദ്ര ഭാഷയാണ് എല്ലാത്തിനും ഇത് എന്ന് പറയും വായിക്കുന്ന ആരും ഇല്ല വെറുതെ തെണ്ടമൃത്ത് കാണിക്കുന്നവരേ ഉള്ളൂ അല്ലെങ്കിൽ എന്താണ് അത്പജ്ഞാനം അവിടെ നിന്ന് ഇവിടെ നോക്കും എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കിയിട്ടോരോ എന്ന് പറയും പരിശ്രമിക്കില്ല പരിശ്രമിച്ച് മനസ്സിലാകും നിങ്ങളോട് പരിശ്രമം ആവശ്യം പരിശ്രമിച്ചാൽ പോരാ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കിയാൽ തല കേത്തിരിക്കുകയും ഇന്നലെ തല ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ ഇതുകൊണ്ടൊക്കെ പറയാം ഒരു വഴിയും കൂടെ അതേ വഴിയും തന്നെ ഇറങ്ങി പോയി അവര് എന്താണ് വായി തോതിയത് ബോധിക്കും പെട്ടെന്ന് പറയുമ്പോൾ എന്തെങ്കിലും കളിച്ചോറി അതുപോലെ ഇതിനുള്ളിലിരിക്കും ഇവിടെ പറയുന്നതാണ് ഞാൻ പ്രധാനമായും പറഞ്ഞതാണ് ഇതാണ് ആ എന്തിനു അർജുനോട് നിസ്ത്രമൂലാകാൻ പറഞ്ഞു എന്തുകൊണ്ട് നിത്യസ്വ സത്വസ്ഥനാകാൻ പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങൾ ഈ പദ്ധതി നിന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഗീതയുടെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായ മനസ്സിലായി യാതൊരു സംശയവും ഇനി വരുന്ന ഓരോ ഭാഗങ്ങളിലും പറയാൻ എനിക്ക് അവസരമുണ്ടെങ്കിൽ അത് ഞാൻ കൂടുതൽ വ്യക്തമായിട്ടാണ് നിനക്കങ്ങനെയല്ലേ പറയാം നാളത്തെ കാര്യം പറയാൻ പറ്റും ഇതേ കാര്യം തന്നെയാണ് അവസാനം വരെ ശ്ലോകങ്ങൾ രീതിയിലെ ശ്ലോകങ്ങൾ ഓർമ്മയിൽ വരുന്നത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷേ ഇപ്പം സമയമില്ല എനിക്കെൻ്റെ വീട്ടിൽ പോണം അതുകൊണ്ട് നിന്നും